പിന്നീട് അദ്ദേഹത്തിന് ശേഷം അവരുടെ ജനതയിലേക്ക് ഞങ്ങൾ ദൂതന്മാരെ അയച്ചു അവർ വ്യക്തമായ തെളിവുകളുമായി അവരുടെ അടുക്കൽ വന്നു എന്നാൽ മുമ്പ് അവർ നിഷേധിച്ച കാര്യത്തിൽ വിശ്വസിക്കാൻ അവർ തയ്യാറായിരുന്നില്ല അക്രമികളുടെ ഹൃദയങ്ങളിൽ ഇപ്രകാരം ഞങ്ങൾ മുദ്രപതിപ്പിക്കുന്നു